പ്രത്യയ ഗോചര വിഷയം അസ്മം പ്രത്യയ ഗോചര വിഷയം അങ്ങനെ അംഗീകരിക്കും എന്താണ് തമപ്രകാശത്തെ പോലെ വിരുദ്ധ സ്വഭാവമാണ് വിഷയി പ്രകാശം പോലെ വിഷയം തമസും വിരുദ്ധ സ്വഭാവം എന്ന് വെച്ചാൽ എന്താണ് ഇവയ്ക്ക് താതാമ്യം വരതും ഇരട്ടും വിളിച്ച് തമ്മിൽ താതാത്മ്യം വരും കലർന്നൊന്നാവുന്നു ഇതരേതര ഭവാനുഭത്വവും ഇതരേതര ഭവ സംഭവിക്കുന്നില്ല മാത്രമല്ല തദ്ധർമാണഭിസുതരാം ഇതരേതര ഭവാനുഭൂത്തി ഇവയുടെ ധർമ്മങ്ങൾ എന് യുഷ്മ പ്രത്യയ ഗോചരമായ വിഷയത്തിൻ്റെയും അസ്മന്ത് പ്രത്യയ ഗോചരമായ വിഷയുടെയും വിഷയത്തിൻ്റെയും വിഷയുടെയും ധർമ്മങ്ങൾ വിഷയമായിരിക്കുന്ന ഉദാഹരണത്തിൽ വിഷയമായിരിക്കുന്ന ശരീരത്തിൻ്റെയും വിഷയായിരിക്കുന്ന ആത്മാവിൻ്റെയും ധർമ്മങ്ങൾ വിഷയവും വിഷയി ശരീരവും ആത്മാവുമെന്തായി അതിനെ ധർമ്മികളെന്ന് പറയും ധർമ്മം ഏതിലിരിക്കുന്നു അതാണ് ധർമ്മി ധർമ്മിയിൽ എന്തിരിക്കുന്നു അതാണ് ധർമ്മം ഇപ്പോൾ ആത്മാവ് ഷയിയാണ് അത് ധർമ്മിയാണ് ശരീരം വിഷയമാണ് അത് ധർമ്മിയാണ് ആത്മാവും ശരീരവും വിഷയയും വിഷയവും തമ്മിൽ കലരുന്നില്ല താതാമ്യപ്പെടുന്നില്ല ഒന്നാവുന്നില്ല എന്നുവെച്ചാൽ ധർമ്മികൾ ഒന്നാവുന്നില്ല എന്നാണ് ഇതുവരെ പറഞ്ഞത് അനുഭത്വം സിദ്ധായെന്ന് വെച്ചാൽ ധർമ്മി താതാത്മ്യം സംഭവിക്കുന്നില്ല എന്നാണ് ആത്മാവും അനാത്മാവും കൂടിക്കലരുന്നില്ല താതാത്മ്യപ്പെടുന്നില്ല ഒന്നാകുന്നില്ല എന്ന് പൂർവിച്ചു അതുകൊണ്ട് ഈ ധർമ്മത്തിൽ ഈ രണ്ട് ധർമ്മങ്ങളിലും ഇരിക്കുന്നതാണെന്ത് ഈ രണ്ട് ധർമ്മികളിലും ഇരിക്കുന്നതാണെന്ത് ധർമ്മങ്ങൾ രണ്ട് ധർമ്മികളെന്ന് പറയുമ്പോൾ ഏതൊക്കെ ഒന്ന് ആത്മാവും മറ്റൊന്ന് ശരീരമാണെങ്കിൽ പക്ഷേ ഇതാണ് ധർമ്മികൾ ധർമ്മവിൽ ഇതിലിരിക്കുന്ന ധർമ്മങ്ങൾ ഇപ്പോൾ ആത്മാവിലിരിക്കുന്ന ധർമ്മം എന്താണ് ചൈതന്യം ആത്മാവിലിരിക്കുന്ന ധർമ്മമൊക്കെ നമുക്ക് ചൈതന്യം അതിൻ്റെ ധർമ്മവും പറയാം ആത്മാവിൻ്റെ ധർമ്മമായിട്ട് നമുക്ക് പറയാം സത്ത അതിൻ്റെ ധർമ്മമാണെന്ന് പറയാം ആത്മാവിൻ്റെ ധർമ്മമായിട്ട് ആനന്ദം ആത്മാവിൻ്റെ ധർമ്മമായിട്ട് പറയാം ഏതൊക്കെ സത്ത ജ്ഞാനം ആനന്ദം ഇതൊക്കെ എന്താണ് ആത്മാവിൻ്റെ ധർമ്മങ്ങളാണ് ഇനി വിഷയം വിഷയത്തിൻ്റെ ധർമ്മം എന്ന് ശരീരത്തെ എടുക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ധർമ്മമാണ് സ്ഥൂലത്വം ശരീരങ്ങളെ തടിച്ചിരിക്കുന്നത് കൃഷത്വം മെലിഞ്ഞിരിക്കുന്ന ശരീരമാണ് അപ്പൊ ആത്മാവിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ചൈതന്യത്തെ എടുക്കുക പിന്നെ വിഷയമായി ശരീരം ശരീരത്തിൻ്റെ ധർമ്മമായിട്ട് സ്ഥൂലത്വം സ്ഥൂലത ശരീര സ്ഥൂലമാണെങ്കിൽ സ്ഥൂല തടിച്ചിരിക്കുക ഈ ധർമ്മികൾ തമ്മിൽ താതാന്യപ്പെടാത്ത ധർമ്മവും ദാതാത്മ്യപ്പെടുത്തില്ല എന്നാണ് ആര് പറയുന്നത് അതാണ് തദ്ധർമാണം തയോഹോ ധർമാണം ഏതിന്റെ ശരീരത്തിന്റെയും അന്ന് വെച്ച വിഷയത്തിന്റെയും വിഷയുടെയും ധർമ്മങ്ങൾക്കും സുതരാം വ്യക്തമായും സ്പഷ്ടമായും ഇതരേതര ഭാവം എന്നിട്ട് താതാമ്യം അനുഭവത്തി സംഭവിക്കുന്നില്ല ശരിയാകത്തിട്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരാളുടെ അനുഭവം ഞാൻ പറയുന്നത് ഞാൻ തടിച്ചവനാണെന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഇതിനെയാണ് അസുഖ എന്ന് പറയുന്നത് ഈ അസ്മത് പ്രത്യയത്തിൻ്റെ വിഷയം എന്താണ് അസ്മത് പ്രത്യത്തിൻ്റെ വിഷയം എന്താണ് ഇതുവരെ പറഞ്ഞെല്ലാം ആത്മാവ് അദ്ദേഹത്തെ പറഞ്ഞേ അസ്മത് പ്രത്യയ ഗോചരമായി വിഷയം ആത്മാവ് അങ്ങനെ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കുളമായി ൃത്യ വിഷയമായി എന്ത് ഞാൻ പറയുന്നു ഞാൻ തടിച്ചവനാണെന്ന് പറയുന്നു എന്റെ തടി അതവിടെ ഇരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു അസ്മ പ്രത്യ ആത്മാവിൽ എന്തുണ്ടെന്ന് പറയുന്നു എന്തിന്റെ എന്തിൻ്റെ തടി ശരീരത്തിന് തടിയുണ്ട് അവിടെ താതാത്യം വന്നു ആത്മാവിൽ അങ്ങനെ ഈ തടി വരും തടി ശരീരത്തിലല്ലേ ഉള്ളൂ സ്ഥൂരത നമ്മുടെ അനുഭവത്തിൽ എന്താണ് ആത്മാവിലാണ് തടി ഈ തടിയിൻ്റെ വണ്ണമെന്നെടുക്കുക ഞാൻ വണ്ണമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാവും ഞാനെന്ന് പറയുന്നത് എന്താണ് അസ്മത് പ്രത്യയം അസ്മത് പ്രത്യം ഗോചരം എന്തായി ആത്മാവിൽ എന്തുണ്ടെന്ന് പറയുന്ന വണ്ണമുണ്ടെന്ന് ആത്മാവിന് വണ്ണമുണ്ട് പിന്നെ വണ്ണം എവിടെയായിരിക്കുന്നു അതിനെങ്ങനെ പറയുന്നു ആത്മാവിന് വണ്ണം ഉണ്ടെന്നും കഥാമ്യം വന്നാലേ പറയാൻ പറ്റും ആത്മാവിനോട് ഈ വണ്ണം എന്ന് പറയുന്ന ആത്മാവിനോട് ഫിറ്റ് ചെയ്യണം ചേരണം എന്നാലും എനിക്ക് എന്ത് പറയാൻ പറ്റുമോ ആത്മാവിന് വണ്ണമുണ്ടെന്ന് അപ്പോൾ നമ്മുടെ സാധാരണ അനുഭവമാണ് ആത്മാവിന് വണ്ണമുള്ളത് എന്ന് നമ്മൾ പറയാറില്ല എന്താണ് ഞാൻ തടിയുള്ളവനാണെന്ന് പറയുന്നു ഇങ്ങനെ പറയണമെങ്കിൽ എന്താണ് ആത്മാവിൽ ഈ ശരീരധർമ്മം വന്നാലേ ഇങ്ങനെ പറയാൻ പറ്റുമെന്നാണ് അദ്വീതി പറയുന്നത് പൊറോക്ഷി പറയുന്ന സംഭവിക്കത്തില്ല ഇത് പറയുന്നുണ്ട് അതിന് വേറെ എന്തെങ്കിലും കാരണമാണ് പക്ഷെ നിങ്ങൾ പറയുന്നവരെ സംഭവിക്കില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ആത്മാവും ശരീരവും തമ്മിൽ താതാത്മ്യം വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് പറയാൻ പറ്റൂ ഞാൻ തടിയുള്ളവനാണ് ആത്മാവിൽ വണ്ണം പക്ഷേ ആത്മാവും ഈ ശരീരവും തമ്മിൽ താതാത്മ്യം വരത്തില്ല രണ്ടിനും വിരുദ്ധ സ്വഭാവമാണ് വിരളും വെളിച്ചവും പോലെയാണ് വിരളും വെളിച്ചവും പോലെയുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ ചേരത്തില്ല ചേർന്ന് ഒരു അനുഭവം ഉണ്ടാകത്തില്ല ഈ എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിൽ വരുന്ന ആ ഏകത്വത്തെയാണ് ഇവിടെ എന്ന് പറയും ഞാൻ പറയാണ് ഞാൻ തടിയുള്ളവനാണെന്ന് പറയുമ്പോൾ ഞാനെൻ്റെ ശരീരത്തിൻ്റെ തടിയെ െന്ന് പറയുന്ന എൻ്റെ ആത്മാവിനോട് ചേർത്ത് അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നതാണ് മറ്റെന്തെങ്കിലും കാരണം നിങ്ങൾ പറയുന്നത് അവിടെ പ്രാധാന്യമൊന്നും സംഭവിക്കുന്നത് അല്ല എന്നാണ് ആര് പറയുന്നത് ഒരുപക്ഷി പറയുന്നു അപ്പൊ ശരീരധർമ്മം ആത്മാവിൽ വരുന്നില്ല അപ്പോ ഞാൻ പറയണം ഞാൻ ഇപ്പൊ ജീവനോടെ മരിച്ചിട്ടുണ്ട് എന്നിൽ ചൈതന്യമുണ്ട് ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ ചൈതന്യം ഉണ്ടെന്നാണ് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും എന്റെ ശരീരത്തിൽ ചൈതന്യമുണ്ടെന്ന് ചേതന എന്ന് പറയുന്ന എന്റെ ശരീരത്തിലുണ്ടെന്ന് പറയാൻ പറ്റും എന്റെ ശരീരത്തിപ്പൊ ചൈതന്യമുണ്ട് ആ ചേതന ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ എന്റെ ശരീരത്തിൽ നിങ്ങളൊരു സൂചി വെച്ച് കുത്തിക്കഴിഞ്ഞാൽ ഞാൻ നിലവിളിച്ചു എന്തുകൊണ്ട് ശരീരത്തിൽ ചേതന ഇപ്പോ ആത്മാവ് ാണ് ജ്ഞാനം നമ്മ അറിവാണ് അതിന്റെ ധർമ്മമാണ് ആ ചൈതന്യം അങ്ങനെ ശരീരത്തിൽ വരാൻ എന്തുകൊണ്ട് ആത്മാവും ശരീരവും തമ്മിൽ താതാത്മ്യം വന്നാല് ആത്മാവിന്റെ ചൈതന്യം ശരീരത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഞാൻ ചേതനനാണോ ചൈതന്യമുള്ളവനാണോ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും എന്തുകൊണ്ട് ആത്മാവിന്റെ ധർമ്മം ശരീരത്തിൽ വരണമെങ്കിൽ അതിന് മുമ്പ് എന്ത് സംഭവിക്കണം ധർമ്മ ധർമ്മി താതാഗ്മി സംഭവിക്കണം ആത്മാവും ശരീരവും ധർമ്മികൾ തമ്മിൽ താതാഗ്മി സംഭവിച്ചാലേ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ ചേതനാണെന്ന് വെച്ചാൽ എന്റെ ശരീരത്തിൽ നിന്ന് വരുത്തുള്ളൂ ചൈതന്യം വരുത്തുള്ളൂ പക്ഷെ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ ചെയ്തനാണെന്ന് അതിനെങ്ങനെ സംഭവിക്കും അത് മറ്റെന്തെങ്കിലും കാരണം കാണും അത് താതാന്യം കൊണ്ടാണെന്ന് സമ്മതിക്കില്ല അത് താതാത്മ്യം കൊണ്ടാണെന്ന് എന്തുകൊണ്ട് സമ്മതിക്കുന്നുണ്ടാ എന്തിന് വിരുദ്ധ സ്വഭാവം ധർമ്മികൾക്ക് വിരുദ്ധ സ്വഭാവം ഉള്ളതുകൊണ്ട് താതാത്മ്യം വരുന്നത് ധർമ്മികൾക്ക് താതാത്മ്യം വന്നാലേ എന്ത് വരത്തുള്ളൂ ധർമ്മങ്ങൾക്ക് താതാത്മ്യം വരും അതായത് ആത്മാവും ശരീരവും തമ്മിൽ താതാത്മ്യം വന്നു ആത്മാവിൻ്റെ ധർമ്മമായ ചൈതന്യം ശരീരത്തിൽ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ധർമ്മമായ വണ്ണമുള്ളവരും ആത്മാവിനും അങ്ങനെ വരുന്നതാണ് നമ്മുടെ അനുഭവം എന്ന് സിദ്ധാന്തി പറഞ്ഞു തടിയുള്ളവനാണ് എനിക്ക് വണ്ണമുള്ളത് ഞാൻ വണ്ണമുള്ളവനാണ് ഞാൻ ചൈതന്യമുള്ളവനാണെന്നൊക്കെ പറയുന്നത് Gegangen, there there are there, do it? It ം കൊണ്ടാണെന്നാണ് ആര് പറയുന്നത് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ പറയുമെന്ന് കണ്ടുകൊണ്ട് പൂർവക്ഷി പറയാണ് ധർമ്മികൾ തമ്മിലും താതാന്മ്യം വരുന്നില്ല അത് വരാത്തതുകൊണ്ട് തന്നെ ധർമ്മങ്ങൾ തമ്മിലും അപ്പൊ ധർമ്മങ്ങൾ തമ്മിൽ താതാന്മ്യം വരുന്നില്ല എന്താണ് അതിന് കാരണം പറയുന്നത് ധർമ്മില് ധർമ്മികൾ തമ്മിൽ താതാന്മ്യം വരാത്തത് ധർമ്മികൾ തമ്മിൽ പ്രാധാന്യം വരുന്നില്ല അതിനെന്താ കാരണം പറയുന്നത് വിരുദ്ധമാണ് വിരുദ്ധ സ്വഭാവമാണ് രണ്ടിൻ്റെയും അപ്പോ ഒരു ധർമ്മി ആത്മാവ് പ്രകാശമാണെങ്കിൽ മറ്റൊരു ധർമ്മി ശരീരം എന്താണ് ജനമാണ് ഇവിടെ ഈ രണ്ടു കൂട്ടരും ഈ പറയുന്ന രണ്ടു കൂട്ടരും ഈ ശരീരം വേറെയാണ് ആത്മാവ് വേറെയാണെന്ന് അംഗീകരിക്കുന്നവരാണ് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട് എങ്ങനെ അറിയാം മരിച്ചുപോയപ്പോ മരിച്ചിട്ടാണോ സംസാരിക്കുന്നത് ാണ് ശരീരത്തിൽ നിന്നും വേറിട്ടൊരാത്മാവുണ്ടെന്നും ആത്മാവിൽ നിന്നും ശരീരമുണ്ടെന്നും അങ്ങനെ അറിയാം നിങ്ങൾ അടുത്തൊന്നും എത്തുന്നുണ്ട് അടുത്തൊന്നും എത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ കുറച്ചടുത്ത് ഇനിയെടുക്കാനുണ്ട് വീണ്ടും അകന്നുപോയി അപ്പൊ അടുത്ത ഒന്നാണ് വെറുതെ പറഞ്ഞാലേ ശരിയോ ആലോചിച്ച് പറയണം നിങ്ങൾ വേറൊന്നും ആലോചിക്കണ ഞാൻ പറഞ്ഞ ആലോചിച്ച് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് മാത്രം പറഞ്ഞാൽ മതി കറക്റ്റ് ഉത്തരം കിട്ടും അവിടെ ഇവിടെ നിന്നും ആലോചിക്കണം ഞാൻ ഇതുവരെ വിശദീകരിച്ചതിൽ ഉത്തരവുണ്ട് ഞാൻ ചോദിച്ച ഞാൻ എന്താണ് ചോദിച്ചത് ചോദ്യവാന്തി പറയണ്ടേ എന്താ ചോദിച്ചത് ആത്മാവും ശരീരവും ആത്മാവ് ശരീരവും ില്ല നിങ്ങൾ എന്താ കേൾക്കുന്നത് എന്താ ആരംഭിക്കുന്നത് അവസാനം നിങ്ങൾ പറയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല നമ്മുടെ പ്രതംബരാന സ്വാമി പറയുന്ന പോലെ ഞാൻ ഒന്നും കേട്ടിട്ടുമില്ല ഞാൻ ഒന്നും പഠിച്ചിട്ടുമില്ല ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിയതേയുള്ളൂ എന്ന് പറയുന്ന പോലായിപ്പോ നിങ്ങളും ഇത് തന്നെ പറയും മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടൊക്കെയുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നും കേട്ടിട്ടില്ല അതൊന്നും ഉറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ആയിക്കും ആത്മാവും ശരീരവും വേറെ വേറെയാണെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇന്നലെ ഇന്നും പറഞ്ഞിരുന്നെന്തോ മനസ്സിലാക്കി അത് മാത്രം വേറെ നിങ്ങൾ കടന്ന് പഴയ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾ തീർത്ഥാടന സ്റ്റേജിൽ കേട്ടതൊന്നും ആലോചിക്കരുത് ഒന്ന് പറഞ്ഞ ഏകദേശം അടുത്ത് ഒന്നുകൂടി വ്യക്തമായി പറയും പെട്ടെന്ന് ആവേശം പറയാതെ ആലോചിച്ച് പറയാന്റെ വിഷയം കൃത്യമായി അത് പറഞ്ഞു കഴിഞ്ഞു വളരെ കറി കൃത്യമായി അസ്മത് പ്രത്യ ഗോചരമാണ് ആത്മാവ് ഞാനെന്നുള്ള ഈ ബോധത്തിന് വിഷയമായിരിക്കുന്നതാണെന്ത് ആത്മാവ് യുഷ്മത് പ്രത്യ ഗോചരമാണെന്ത് വിഷയം ഇത് എന്നറിയുന്നതാണ് വിഷയം ഞാനെന്നറിയുന്ന എന്തിനെ ആത്മാവിനെ ആത്മാവും വിഷയവും ശരീരവും വേറെ വേറെയാണെന്നറിയുന്നത് നമ്മുടെ അനുഭവത്തെ അറിയുക എന്തനുഭവം അസ്മത് പ്രത്യം ബോധത്തിന് വിഷയമായിരിക്കുന്ന എന്തോ അതാണെന്ത് വേറെ ഏതിനെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ ഞാനെന്നുള്ള ബോധത്തിന് വിഷയമായിരിക്കുന്ന ഒന്നേ ഉള്ളൂ അതേതാണ് ആത്മാവ് ഇത് എന്നറിയുന്നത് പക്ഷേ ഇത് തുടക്കം ഇപ്പോൾ ആത്മാവും വിഷയവും അല്ലെങ്കിൽ ആത്മാവ് അനാത്മാവെന്നും പറയാം ആത്മാവും അനാത്മാവും വേറെ വേറെയാണെന്ന് പറയുന്നത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഇവിടെ ഈ ബ്രഹ്മസൂത്രത്തിൽ ആദ്യം തന്നെ അപ്പൊ ഈ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാഷികാരൻ ഇതാണ് സമർത്ഥിക്കേണ്ടത് ഒരു കാര്യം എന്താണ് ശരീരം വേറെ ആത്മാവ് പേരെ ഇത് ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് ഇത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി അങ്ങോട്ട് പോകേണ്ടത് അപ്പൊ ഇത് ശരീരം വേറെ ആത്മാവ് വേറെ എന്നുള്ള കാര്യം പൂർവപക്ഷിയെ കൊണ്ട് പറയുകയാണ് പൂർവപക്ഷി അത് അംഗീകരിക്കുന്ന ആളായിരുന്നു അത് പൂർവപക്ഷി തന്നെയാണ് തുടങ്ങിവെച്ചതെന്താണോ അസ്മത് പ്രത്യേക ആത്മാവ് വിഷ്ണ്പർത്തിയ ഗോചരമാണ് വിഷയം അപ്പൊ ആത്മാവും വിഷയവും വേറെ വേറെ എന്നാർ സമ്മതിച്ചു പൂർവക്ഷി അപ്പൊ ഇത് ആരുടെ സിദ്ധാന്തമാണ് കർഷകരുടെ സിദ്ധാന്തമാണ് ശങ്കരന്റെ സിദ്ധാന്തമാണ് പക്ഷെ ആ കൊണ്ട് പറയിച്ചു പൂർവക്ഷിയെ പറയിച്ചു ഇനി ഇവര് രണ്ടുപേരും ിയോജിക്കുന്ന സ്ഥലമാണ് എന്താണ് ഇത് രണ്ടും തമ്മിൽ താതാത്മ്യം സംഭവിക്കുന്നുണ്ടോ ചേർച്ച ഈ കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ പൂർവപക്ഷി ആദ്യം തന്നെ അംഗീകരിക്കും എന്താണോ ആത്മാവ് ഏറെയാണ് ശരീരം ഏറെയാണ് അത് എങ്ങനെ സമ്മതിച്ചോ എങ്ങനെ സമ്മതിച്ചോ അത് അനുഭവം കൊണ്ട് അത് സമ്മതിക്കുകയാണ് അനുഭവം കൊണ്ട് അത് സമ്മതിച്ചു അപ്പോൾ അത് പൂർവക്ഷി കൊണ്ട് അത് അംഗീകരിപ്പിച്ചു അതിനെ പൂർവപക്ഷമായി അവതരിപ്പിച്ചു പൂർവക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആത്മാവ് വേറെ സിദ്ധാന്തിക്ക് പറയേണ്ട ആവശ്യമുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണ് തുടക്കം ആത്മാവ് ത്മാവ് വേറെ ഇനി അത് പറയേണ്ട സിദ്ധാന്തിക്ക് അത് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോ ഇവിടെ ഇതിലും നമ്മുടെ താതാത്മ്യത്തെ എതിർക്കുന്ന ആത്മാവ് വേറെ ശരീരം ആളാണ് അതാദ്യം മനസ്സിലാണ് പലരും അത് ഉദാഹരണം പറഞ്ഞാൽ ചാർവാകന്മാർ അവർ നാസ്തികന്മാർ അവർ പറയും അങ്ങനെ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവൊന്നുമില്ല ചരവന്മാർ പറയുന്നു ബൗദ്ധന്മാർ പറയും അങ്ങനെ ആത്മാവെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല അപ്പോൾ അവരൊന്നുമല്ല ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നവരാണ് ആത്മാവും അനാത്മാവും സ്വന്തം അനുഭവത്തിൽ അംഗീകരിക്കുന്ന ആൾ പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാനെന്നുള്ള ഒരു അനുഭവം ഞാൻ എന്നൊരാൾ ഈ ശരീരത്തിൽ തൊട്ടും പറയും ഞാനെന്ന് പറയാനോ നെഞ്ചത്തടിച്ചു പറയാനല്ലോ ഞാനെന്ന് അപ്പൊ അയാൾ ഞാനെന്ന് പറയുന്ന എന്തിനെ പൂർവക്ഷി പറയുന്നത് ഞാനെന്ന് പറയുന്ന എന്തിനെ ആത്മാവിന് പക്ഷേ ഒരാൾ ചോദിക്കണം ഞാനെന്ന് നിങ്ങൾ ആത്മാവെന്ന് പറയാൻ പറ്റും ശരീരത്തെ തട്ടിട്ടാ പറയുന്നത് നെഞ്ചത്തടിച്ചാ പറയുന്നത് ഞാനെന്ന് അപ്പൊ പൂർവക്ഷിയാണ് ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാത് സമാധാനം പറയും മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഞാനെന്നങ്ങനെ ഈ നെഞ്ചത്തടിച്ച് പറയാൻ പറ്റും ശരീരത്തെയാണ് പറയുന്നത് അപ്പോൾ അതിന് സിദ്ധാന്തി പറയുകയാണ് എന്ത് ചെയ്തു ഇത് രണ്ടും തമ്മിൽ ചേർന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ഇത് ചേർന്നാണ് എനിക്ക് ഒരാൾ നെഞ്ചിലടിച്ചിട്ട് ചോദിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് പ്രശ്നം വരും അങ്ങനെ ഒരു പ്രശ്നം വരും പൂർവക്ഷന്റെ പറഞ്ഞ എന്താണ് ആത്മാവേറെ ശരീരം വേറെ അപ്പൊ പൂർവോക്ഷരുള്ള ഒരാൾ നെഞ്ച് കൈവച്ച് പോയിക്കാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാനും നിങ്ങൾ പറയുന്ന എന്തിനെ ബോധമുണ്ട് പക്ഷെ ശരീരത്തിൽ ചൂണ്ടിയാ പറയുന്നു ഇത് പിന്നെങ്ങനെ പറയാൻ പറ്റും പൊറോക്ഷി എന്ത് പറയും പൂർവക്ഷിക്കപ്പോൾ പറയേണ്ടി വരും ഇത് രണ്ടും മേറെയാണെങ്കിലും അനുഭവത്തിൽ ചേർന്നാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ബോധത്തിൽ എന്ത് വരുന്നു ആത്മാവും അനാത്മാവും ചേർന്നൊരനുഭവമുണ്ട് അതൊന്ന് വന്ന് പൂർവക്ഷിക്ക് സമ്മതിക്കേണ്ടി വരും അണവസാന സമ്മതി പക്ഷേ അത് സമ്മതിക്കുന്നതിന് ചേർന്നു എന്ന് പറയുന്ന പൂർവക്ഷിക്ക് സമ്മതിക്കാൻ പ്രയാസമുണ്ട് കാരണം പൂർവക്ഷി പറയുന്നത് എന്താണ് ആത്മാവും ശരീരവും എന്ന് പറയുന്ന വെളിച്ചവും ഇരട്ടും പോലെയാണ് മനസ്സിലായ ആത്മാവും ശരീരവും എന്ന് പറയുന്നത് ഇരട്ടും വെളിച്ചവും പോലെയാണ് അപ്പോ ഞാനെന്ന് പറയുന്ന ഒരു അനുഭവം ത്തിൽ ശരീരവും ആ അനുഭവത്തിലുണ്ടെന്ന് കുറവക്ഷെ സമ്മതിക്കും പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി ഇത് രണ്ടും ചേർന്ന ഒരു അനുഭവം ആര് സമ്മതിക്കില്ല അപ്പൊ ഈ ചേർച്ച എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിലാവും നമ്മുടെ ബോധത്തിലാണ് എന്ത് വരുന്നത് ഇങ്ങനെ ചേർന്നതായ ഒരു അനുഭവം വരും അത് വരുമെന്നാണ് അവർ പറയുന്നത് സിദ്ധാന്തം കുറോക്ഷ പറയുന്നു വരാൻ പറ്റത്തില്ല നമുക്ക് അനുഭവം ഉണ്ടെങ്കിലും വരാൻ പറ്റില്ല എന്തുകൊണ്ട് രണ്ട് കാരണം പറഞ്ഞൊന്നും ധർമ്മികൾ തമ്മിലും ചേരത്തില്ല ആത്മാവും ശരീരവും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവത്തില്ല കാരണം അത് ഒന്ന് വെളിച്ചവും മറ്റൊന്ന് അത് രണ്ടും കൂടെ ചേർന്നിട്ടും ഇപ്പോൾ വെളിച്ചവും ഇരട്ടവും കൂടെ ചേർന്നിട്ടൊരാൾക്ക് അനുഭവം ഉണ്ടാവും വെളി ഇരുട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ഉണ്ടാകത്തില്ല അപ്പോൾ ആ ധർമ്മികൾ ചേർന്ന് അനുഭവം ഉണ്ടാകത്തുകൊണ്ട് അതിലിരിക്കുന്ന ധർമ്മങ്ങൾ ചേർന്നൊരനുഭവം ഉണ്ടാകത്തില്ല എന്നാണ് പറയും പിന്നെ എങ്ങനെ അനുഭവം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും അതെങ്ങനെയുണ്ടാവും ഇങ്ങനെ ചേർന്നൊരനുഭവം പൂർവക്ഷി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ എന്താണ് ഇങ്ങനെ ഉണ്ടാകത്തില്ല അതിനെങ്ങനെ ഉണ്ടാകാൻ പോകുന്ന പൂർവക്ഷി എന്ത് പറയും അതിന് പൂർവക്ഷിക്ക് ശ്രദ്ധാന്തി പറയുന്ന അംഗീകരിക്കേണ്ടി അവസാനം പൂർവക്ഷിക്ക് സമ്മതിക്കേണ്ടി വരും എന്താണ് അങ്ങനെയാണെങ്കിൽ ഇത് ചേരും എന്ന് സംബന്ധിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ചേർന്നതായി ചേരുന്നോന്നുള്ളതല്ല ചേർന്നതായ ഒരു അനുഭവം അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ ചിത്തും ജഡവും എന്ന് പറയും ചിത്തും ജഡവും ശരിക്കും കൊണ്ട് ചേരുന്നു എന്നുള്ളതല്ല ചേർന്നതായ ഒരു അനുഭവം എന്നെ പറയുന്നത് ഈ അനുഭവത്തിന് സാധാരണ പറയുന്നത് ദേഹാത്മബുദ്ധി ദേഹ ആത്മബുദ്ധി ദേഹത്തിലുള്ള ആത്മബോധം നമ്മൾ സാറിനെ അനുഭവിച്ചുകൊണ്ടിരിക്കും ഞാനെന്ന് പറയും ഈ ഞാനെന്ന് പറയുന്നത് എന്താണ് ദേഹാത്മബുദ്ധിയാണ് നമ്മൾ പറയുന്നത് കാരണം ഞാനെന്ന് പറയുമ്പം എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ഉണ്ട് അത് വെച്ചുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ശരീരം ഈ നീളം വീതി എൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്തെല്ലാം ഞാൻ ചേർത്തിട്ടാണ് പറയുന്നത് ഞാനെന്ന് ദേഹാത്മബുദ്ധി എന്താ പറയും ഈ ദേഹാത്മബുദ്ധിയെ കുറിച്ചാണ് കൂടെ പറയുന്നത് അതെങ്ങനെയാന്ന് വിശദീകരിക്കുകയാണ് ഇപ്പൊ സംഭവിക്കില്ല എന്ന് പൂർവക്ഷി പറഞ്ഞു അപ്പോ സുധരാ ഇതരേ ഭാവാനുഭൂ ഇത്യത അതുകൊണ്ട് അധ്യാസോ വിധ്യേതി ഭവിതം യുക്തം ഇക്കാരണത്താൽ അധ്യാസം താതാമ്യം മിഥ്യയാണ് എന്നുവെച്ചാൽ അധ്യാസം നാസ്തി എന്നർത്ഥം അധ്യാസവും മിഥ്യേ ദഗതും മിക്തം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അധ്യാസോസ് എന്തുകൊണ്ട് അത് പറയുന്നു അസ്മത് പ്രത്യേകവും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കി പറയുന്നത് വളരെ ക്ലിയറാണ് അസ്മത് പ്രത്യേകോചരെ വിഷയണി ചിതാത്മകേ യുഷ്മത് പ്രത്യേകോചര വിഷയസ്യ തദ്ധർമാണാം അധ്യാസ തദ്വിപരീണ വിഷയിണ തദ്ധർമാണാം വിഷയ അധ്യാസവും വെച്ചാൽ ഇവിടെ പറയുന്നത് രണ്ട് ധർമ്മികളുടെ അധ്യാസവും അവയുടെ ധർമ്മങ്ങളുടെ അധ്യാസവും സാധാരണ നേരത്തെ എന്ത് പറഞ്ഞു ഇതരേതര ഭാവം എന്ന് പറഞ്ഞു അതിനാണ് ഇവിടെ രണ്ടാമത് അധ്യാസം എന്ന് പറയുന്നത് മനസ്സിലായത് നേരത്തെ എന്ത് പറഞ്ഞു അതിനെ രണ്ടാമതെന്ന് പറയുന്നു അധ്യാസം എന്ന് വെച്ചാൽ ഇതരേതര ഭാവം എന്തൊക്കെ തമ്മിലുള്ള ഇതരേതര ഭാവം രണ്ട് ധർമ്മികൾ തമ്മിലുള്ള ഇതരേതര ഭാവവും ആ ധർമ്മികളിലുള്ള ധർമ്മങ്ങൾ തമ്മിലുള്ള ഇതരേതര ഭാവവും ന ഭഗതി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് വായിച്ചാൽ മനസ്സിലാവും എന്താണ് അസ്മത് പ്രത്യയ ഗോചരെ വിഷയണി ചിതാത്മയ്ക്ക് ഇതൊരുമിച്ചെടുക്കണം അസ്മത് പ്രത്യകം എന്ന് വെച്ചാൽ ഞാനെന്ന ബോധം അതിന്റെ ഗോചരം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഗോചരമായ വിഷയി സപ്തമിയാണ് അല്ല വിഷയിയായ ചിതാത്മാവിൽ ചിതാത്മാവാണ് ഏത് ചിതാത്മാവ് എന്താണ് ചിതാത്മാവ് അസ്മത് വിഷയി എൻ്റെ വിഭക്തിയൊക്കെ നോക്കി മനസ്സിലാകും വിഷേണി എന്ന് വെച്ച വിഷയിൽ എന്താണ് ചിതാത്മാവിൽ പ്രത്യേക ഗോചരെ വിഷേണി ചിതാത്മകെ എന്താണ് യുഷ്മത് പ്രത്യഗോചര വിഷയസ്യ തദ്ധർമാണാൻ്റെ അത്യാസം വിഷ്മത് പ്രത്യ ഗോചരം എന്തായി വിഷ്മത് പ്രത്യം എന്ന് പറഞ്ഞാൽ എന്താണോ വിസ്മത് പ്രത്യം ഇതം എന്നാറും വിഷ്മത് പ്രത്യ ഗോചരം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിഷയം എന്താണ് അതിനിടെ എന്ത് പറഞ്ഞിരിക്കുന്നു ഇവിടെ വാക്ക് പറഞ്ഞിരിക്കുന്നു വിഷയം ഇപ്പൊ വിഷമത് പ്രത്യ ഗോചരസ്യ വിഷയസ്യ തദ്ധർമാണോ അതിന്റെ ധർമ്മങ്ങൾ ഏതിന്റെ ധർമ്മങ്ങൾ ശരീരധർമ്മങ്ങളുടെയും അധ്യാസം അപ്പൊ ഇവിടെ രണ്ടെണ്ണത്തിന്റെ അധ്യാസം ഒന്ന് വിഷയത്തിന്റെയും വിഷയധർമ്മങ്ങളുടെയും അധ്യാസം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞെന്താണ് അധ്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ എന്താ പറഞ്ഞത് ഇതരേതര ഭാഗം താതാത്മ്യം അതിവിടെ വരണമെന്ന് പറയുന്നു അതിലൂടെ ഏത് വാക്കാ പറഞ്ഞത് ചിതാത്മകേ ചിതാത്മാവിൽ വരണം എന്ത് വരണം ചിതാത്മാവിൽ എന്തു വരണം ചിതാത്മാവിൽ എന്ന് എന്തിന്റെ അധ്യാസം എന്താ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്തിന്റെ അധ്യാസം വരണമെന്നാ പറഞ്ഞത് വിഷയത്തിന്റെയും തദ്ധർ അതിന്റെ ധർമ്മങ്ങളുടെയും അത് ഞാൻ നേരത്തെ വിശദീകരിച്ചത് ശരീരത്തിന്റെയും ശരീരധർമ്മങ്ങളുടെയും അധ്യാസ എന്താണ് എവിടെ വരണമെന്നോ ചിതാത്മാവിൽ അത് അധ്യാസ എന്നോട് അന്വേഷിക്കണം മിഥ്യേതി ഭവിതി യുക്തം നാസ്തി അധ്യാസം വരത്തില്ല എന്തു വരത്തില്ല അധ്യാസം വരത്തില്ല എന്തിന്റെ അധ്യാസം ശരീരത്തിന്റെയും ശരീര നമ്മളുടെ അധ്യാസം വരത്തില്ല എവിടെ ചിതാത്മാ അധ്യാസം എന്നുള്ളതിനോട് അന്വേഷിക്കണം മിഥ്യേദി പോയതും യുക്തം എന്ന് വെച്ചാൽ നഗതി തദ്വിപരീണ മറിച്ച് എന്ന് തൽക്കാലം മനസ്സിലാവും തദ്വിപരീണെന്ന് വെച്ചാൽ മറിച്ച് വിഷയണ തദ്ധർമാണെന്ന് വെച്ചാൽ വിഷയ അത്യാസോ വിഷയുടെയും അതിൻ്റെ ധർമ്മങ്ങളുടെയും ഇവിടെ വിഷയ ഏതാണ് ചിതാത്മാവ് അതിൻ്റെ വിഷയേ അന്ധ്യാസോ നവതി ഇതാണ് പൂർവോക്ഷം മനസ്സിലായോ വിഷയിണഹ തദ്ധർമാണാം ച വിഷയുടെയും വിഷയി എന്താണ് ചിതാത്മാവ് വിഷയുടെയും തദ്ധർമാണ അതിൻ്റെ ധർമ്മങ്ങളുടെയും എന്താണ് അധ്യാസം വിഷയത്തിൽ എന്താണ് നവതി വരത്തില്ല തിരിച്ച് നേരത്തെ പറഞ്ഞാൽ എന്താണ് വിഷയത്തിൻ്റെയും അതിൻ്റെ ധർമ്മങ്ങളുടെയും അധ്യാസം എവിടെ ചിതാത്മാവിൽ വരുന്നില്ല ഇത് രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നു ഇപ്പോ ചിതാത്മാവിന്റെയും അതിൻ്റെ ധർമ്മങ്ങളുടെയും അധ്യാസം എവിടെ വരത്തില്ല വിഷയത്തിൽ വരത്തില്ല വിഷയത്തിൻ്റെയും അതിൻ്റെ ധർമ്മങ്ങളുടെയും അധ്യാസം എവിടെ വരത്തില്ല ചിതാത്മാവിൽ വരത്തില്ല ഇതാണ് പൂർവക്ഷികളെ അപ്പൊ അതിന് വിഷയി എന്താണെന്നറിയണം വിഷയി എന്ന് പറയുന്നത് എന്താണ് ചിതാത്മാവ് വിഷയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ചൈതന്യം സത്ത ആനന്ദം അതാണ് അതിൻ്റെ ധർമ്മങ്ങൾ അതെവിടെ വരില്ല എന്ന് പറഞ്ഞു ശരീരത്തിൽ വരത്തില്ല പിന്നെ ഇവിടെ വിഷയം എന്ന് പറയുന്നത് എന്താണ് ഈ ചിതാത്മാവഴികെയുള്ള സർവതും വിഷയമാണ് നമ്മൾ ഉദാഹരണമായിട്ട് ശരീരത്തെ തന്നെയുള്ളൂ മനസ്സിലാക്കാം വിഷയം എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല ചിതാത്മാവ് വഴികെ ും അപ്പൊ ധർമ്മങ്ങൾ ഇവിടെ ഉദാഹരണമായിട്ട് എന്തെടുത്തു ധർമ്മങ്ങൾ അത് എവിടെ വരത്തില്ല വരുന്നില്ല അങ്ങനെ അഭ്യാസം വരത്തില്ലെന്ന് വെച്ചാൽ അധ്യാസമുണ്ട് ഇതാണ് പൂർവക്ഷം അപ്പോ ഇത് മനസ്സിലായാലേ ഇനി പറയുന്ന അഭ്യാസം എന്തെന്ന് മനസ്സിലാക്കും ഇവിടെ ഇപ്പൊ എന്താണ് അധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു ആര് പറഞ്ഞു പൂർവശി ഇപ്പോ ഭാഷകാരൻ എന്തിനാണോ അധ്യാസം എന്ന് പറയുന്നത് അതിനെ പൂർവക്ഷിയെ കൊണ്ട് പറയിച്ചു അതിനാണ് എന്ത് ചെയ്ത് പൂർവക്ഷെ കൊണ്ട് പറയച്ചു പൂർവക്ഷി എന്ത് പറഞ്ഞു അധ്യാസത്തെ വിശദീകരിച്ച് എന്താണ് അധ്യാസം അപ്പോൾ ചുരുക്കി അധ്യാസം പറഞ്ഞാൽ എന്തായാലും രണ്ട് ധർമ്മികൾ തമ്മിലും അവയുടെ ധർമ്മങ്ങൾ തമ്മിലും എന്താണോ താതാത്മ്യത്തിൽ വരുന്നതായ അനുഭവം അനുഭവത്തെയാണ് എന്ന് പറയുന്നത് അധ്യാസം എന്ന് പൂർവപക്ഷം തന്നെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല മനസ്സിലാകാം കാരണം പൂർവപക്ഷം എന്ന് പറയുന്നത് നവതി എന്നുള്ള മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തായി സിദ്ധാന്തമാണ് പക്ഷെ എൻ്റെ അഭവധി മാറ്റണം അപ്പൊ ഇനി ഭാഷകാരന് സിദ്ധാന്തത്തിൽ ഇത് വിശദീകരിക്കേണ്ട കാര്യമുണ്ട് ഇതാണ് ഭാഷയത്തിൻ്റെ തന്നെ എന്ത് ചെയ്യും കുറേ ഭാഗങ്ങൾ പറയും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം അതിനെതിരായി ചിന്തിക്കണം മനസ്സിലായോ നാട്ടിലൊക്കെ അങ്ങനെയാണെങ്കിൽ പറയും തല തിരിഞ്ഞോണെന്ന് പറയും തല തിരിഞ്ഞായി ചിന്തിക്കം എന്ത് ചെയ്യണം തല തിരിഞ്ഞ് എതിരായ കാര്യം ആദ്യം ചിന്തിക്കണം അത് ചിന്തിച്ചതിന് ശേഷം പിന്നെ അതിന് കറക്റ്റ് ചെയ്താൽ ഇവിടെ കുറച്ചേ കറക്ട് ചെയ്യാവുള്ളൂ എന്നാ അങ്ങനെ മിത്തി ചെയ്ത് ഭഗതി അതിനൊന്ന് മാറ്റിയാൽ മതി ഇപ്പൊ സിദ്ധാന്തമായി സിദ്ധാന്തത്തിൽ ഇനി ഇതിനെ വെച്ചുകൊണ്ട് ഇതിനെ അടിസ്ഥാനമായി വെച്ചുകൊണ്ട് ഭാഷകാരൻ എന്ത് ചെയ്യും ഇതിനെ വിശദീകരിക്കും അതെങ്ങനെ സംഭവിക്കും നിങ്ങൾ സംഭവിക്കില്ല എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് വിശദീകരിക്കും അത് വിശദീകരിക്കുമ്പോൾ അതാണ് എന്താണ് ഈ പറയുന്ന അദ്വൈതത്തിൻ്റെ അടിസ്ഥാനം ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അദ്വൈതം മനസ്സിലായി ഇത് ഗുരുദേവൻ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എവിടെയാണ് ചിട്ടടേട്ട ആത്മോപദേശ ശതകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ിൽ അസംഖ്യമ പൊടിക്കുൾപ്പെടും ഒരു ഭൂമിയിലുള്ള ഭിന്ന ഭാവം ജഡമരുന്നു അതുപോലെ ചിത്തിലും ചിത്തുടലിലും ജഡമമരുന്നു ചിത്തിലും ചിത്തുടലിലും അതാണ് വത്യാസം ജഡം ചിത്തിലും ചിത്തുടലിലും അമരുന്നു അത് വളരെ അപ്പൊ അതൊക്കെ പിരിച്ച് അവളെ പറഞ്ഞാണ് മനസ്സിലായ ജഡം ചിത്തിനും ചിത്ത് ഉടലിനും അമരുന്നു എന്ന് വെച്ച് അവിടെ പറഞ്ഞ് താതാത്മ്യപ്പെടുന്നു ആ താതാത്മ്യത്തെയാണ് ഇവിടെ പറയുന്ന ഈ പറഞ്ഞ കാര്യമാണ് അവിടെയും പറയുന്നത് പക്ഷെ അവിടെ പറഞ്ഞ ഉദാഹരണം വേറെ തന്നെയാണ് ഇതേ തന്നെയാണ് പറയുന്നത് പിന്നെ അതെങ്ങനെ സംഭവിക്കുന്നു ജഡം ചിത്തിൽ അങ്ങനെ അമരുന്നു ചിത്ത് ജഡത്തിൽ എങ്ങനെ അമരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാം വന്നു അവിടെ അവിടെ നാലുപരിയിൽ ആശയം മാത്രം പറയും എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നാലുപരി പറയാൻ പറ്റില്ല അത് ഭാഷകാരന് ഒരുപാട് വിശദീകരിച്ച് പറയും പക്ഷെ ഇതിന്റെ സാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിൻ്റെ ഈ പറയുന്ന സാരമാണ് പക്ഷെ അത് വായിച്ച് ആർക്കും മനസ്സിലാവും വ്യാഖ്യാനിക്കുന്നവർക്ക് എത്ര പേർക്ക് മനസ്സിലായിരിക്കും ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് അറിയാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല ഇതൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതാണ് അവിടെ പറയുന്നതെന്ന് പക്ഷെ അത് എന്താണ് ഒരു സാധാരണ മനുഷ്യനങ്ങൾ ഒരു ധർമ്മ പ്രചന സമീപിക്കുകയും ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പാടാണ് നിങ്ങൾ അരമണിക്കൂർ ക്ലാസ് കൊടുത്ത് വിട്ടിനെയും കഴിച്ചിട്ട് വരുന്നതിനിടയ്ക്കൊന്നും പറയാൻ പറ്റില്ല പല ദിവസങ്ങളും വേണ്ടി വരും ഇപ്പൊ ഗുരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത് ഇതൊക്കെ എഴുതി വൈദ്യ വളത്തിന്റെ തട്ടും പുറത്ത് അടച്ചു വെച്ചിട്ട് ഇത് വേറെ പണി ചെയ്ത ഇതൊക്കെ അവരോടൊപ്പം പറഞ്ഞിട്ട് ഒരു കാര്യം വേറെ പണി തീർച്ചയായും എഴുതി വെച്ചിരിക്കുന്നത് വളരെ ഗഹനമായ വളരെ കനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അത് മനസ്സിലാകണമെന്ന് അത് അതിങ്ങനെ അതും ഇതുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത് ചിന്തിക്കാൻ വേണ്ടി ചിന്ത മനനോ